ഗുരുസ്മരണയോടുകൂടി കഠോപ തൃതീയവേ പന്ത്രണ്ടാമത്തെ മന്ത്രം ഏഷു ഭൂത ഗൂഢോത്മാന പ്രകാശത്തെ ദൃശ്യത്തി ത്വ്യാ ബുദ്ധ്യ േത്മനി <nosaurita> <Leonardo AIDS> <surgeon> बोधता ഉത്തഗ്രതപ്യവരാ ബോധത കുരസാരാ നിശിതാ ദുരത്യയാ ദുർഗം പധസ്തകയോ വദന്തി അശബ്ദമസ്പർശമൂപമ്യയം ഗന്ത അനദ്യനന്ദം മഹത പരം ധ്രുവ്യതന്മൃത്യു മുഖാ പ്രമുച്യാചിതമുഖ്യ മൃത്യു പ്രോക്തം സനാതം ു മേധാവീലോകം പരമം ഗുഹ്യംബ്രഹ്മ സംസ പ്രയത ശ്രാദ്ധകാ തൽപ്പ ായ കൽപതീ പന്ത്രണ്ടാമത്തെ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത് അതില് പറഞ്ഞത് നമ്മുടെ ഭാഷയത്തിൽ വിശദീകരിച്ചത് അസംസ്കൃത ബുദ്ധികൾക്ക് ഈ തത്വത്തെ ഗ്രഹിക്കാൻ പ്രയാസമാണ് അല്ലെങ്കിൽ കഴിയില്ല സംസ്കൃതചിത്തന്മാർക്ക് സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഇതിനെ ഗ്രഹിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് അദൃഷ്ടം ആ ലക്ഷണം ചിന്തയുംബിൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞാലും അതിനെ ഇംഗ്ലീഷിൽ മനസ്സിലാക്കി ഇംഗ്ലീഷിൽ ചോദിക്കാൻ കഴിവുണ്ട് ക്ലാസ് ശ്രദ്ധിക്കുന്നൊണ്ടാണല്ലോ കറക്റ്റ് ചോദ്യം വരുന്നത് ചോദ്യം ഇംഗ്ലീഷിലാണെന്നേ അപ്പൊ ഇതെങ്ങനെ രണ്ടും സാധ്യമാകുമെന്നാണ് അപ്പം സമാന മലയാളത്തിൽ പറഞ്ഞാ ഇത് രണ്ടും എങ്ങനെ സാധ്യമാകുമെന്നാണ് ഒരാളുടെ അദൃഷ്ടം അചിന്യം എന്ന് പറയുന്ന ഇവിടെ ദൃശ്യതോന്നു അതിന്റെ വിശദീകരണമാണ് ഇവിടെ പറഞ്ഞത് അസംസ്കൃത ബുദ്ധി അവിജ്ഞയിത്വ പ്രകാശതം ഭാഷത്തിനത് വളരെ വ്യക്തമാണ് ദൃശ്യതേത് സംസ്കൃതയാഗ്രയ എന്ന് ഭാഷകാരൻ പറഞ്ഞു അസംസ്കൃത ബുദ്ധികൾക്ക് ഇത് സാധ്യമാകുന്നില്ല കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് പല ഭാഗങ്ങളിലും ഇത് അസാധ്യമാണെന്നോ അല്ലെങ്കിൽ പ്രയാസമുള്ളതാണെന്നോ പറയും ആത്മസാക്ഷാത്കാരം സംസ്കൃത ബുദ്ധികൾക്ക് ഇത് പ്രയാസമുള്ളതല്ല അതുകൊണ്ട് പലയിടത്തും പറയും ഇത് വളരെ എളുപ്പമാണ് പ്രയാസമുള്ളതല്ല എന്നും പറയും എന്ന് പറഞ്ഞാൽ അധികാരി ഭേദമനുസരിച്ച് നമുക്ക് പരസ്പര വിരുദ്ധം പോലെ തോന്നുന്ന രീതിയിൽ അശ്വതി പറയുന്നു ഉത്തമ അധികാരികൾക്ക് ഇത് അനായാസം സാധന പറയാറുണ്ടല്ലോ സാധന ചതുഷ്ട അവർക്കിത് അനായാസമായി ഗ്രഹിക്കാൻ കഴിയുന്നു അല്ലാത്തവർക്കിത് വളരെ പ്രയാസമാണ് അല്ലെങ്കിൽ അസാധ്യമാണ് അതുകൊണ്ട് ഇതിൽ പരസ്പര വിരുദ്ധമല്ല ആധ്യാത്മശാസ്ത്ര ശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് എവിടെയെല്ലാം നമുക്ക് വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ ഉപദേശങ്ങളിൽ ഭഗവത്ഗീതനായാലും ശരി ഇതെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കാലത്തിലേക്ക് എന്നെടുക്കുമ്പോഴാണ് ഈ അപ്പോൾ അധികാരി ഭേദമനുസരിച്ച് വിഭിന്ന വ്യക്തികൾക്ക് വിഭിന്ന കാലങ്ങളു വേണ്ടി പറഞ്ഞിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ ഒരിടത്തും വിരോധം വരത്തില്ല ഒരേ സമയം അനുഷ്ഠിക്കാൻ കഴിയാത്ത രീതിയിൽ പരസ്പര വിരുദ്ധങ്ങളെന്ന് തോന്നുന്ന ഒരുപാട് ഉപദേശങ്ങൾ ഭൗതിക തന്നെ വരുന്നുണ്ട് എല്ലാ ശാസ്ത്രങ്ങളിലും വരുന്നുണ്ട് അതുകൊണ്ടാണ് ആചാര്യസ്വാമികളെ എന്നെ വളരെ നിഷ്കർഷിച്ച് ഒന്ന് പ്രവൃത്തി മാർഗം ഒന്ന് നിവൃത്തി മാർഗം ഇങ്ങനെയെല്ലാം വേർതിരിച്ചിട്ട് കാര്യങ്ങൾ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റും പറഞ്ഞിരിക്കുന്നത് ആത്മീയ സാധനയായി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് പ്രവൃത്തി മാർഗത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതാണ് കർമ്മയോഗം നിവൃത്തി മാർഗത്തിൽ ഉള്ളവർക്ക് വളരെ നിഷ്കർഷിച്ചു പറഞ്ഞു സർവ്വകർമ്മ സന്യാസം ജ്ഞാനനിഷ്ഠ ഇങ്ങനെ പറഞ്ഞു ഈ രീതിയിലെല്ലാം വിവേചിച്ച് പറയുന്നത് തമ്മിൽ യാതൊരു തരത്തിലുള്ള നമുക്കൊരു വൈരുദ്ധ്യം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ചോദ്യം വാട്ട് മീൻ ബൈ ദൃശ്യത എക്സാക്ട് അതും ഇവിടെ വ്യക്തമായി പറഞ്ഞു എന്താണ് സാക്ഷാത്കാരം നമ്മൾ സാധാരണ പറയും സാക്ഷാത്കാരം സാക്ഷാത്കരിക്കുക അതായത് ഈ പരമാത്മതം സംബന്ധിച്ച് രണ്ടു തരത്തിലുള്ള ബോധത്തെ കുറിച്ച് പറയുന്നു ഞാൻ മറ്റൊന്ന് അപരോക്ഷമായ ഞാൻ പരോക്ഷമായ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സംശയരഹിതമായി പഞ്ചദിശയിലെ കുറിച്ച് ചർച്ച ചെയ്തായിരുന്നു സംശയരഹിതമായി തത്വത്തെ ഗ്രഹിക്കുക പരോക്ഷമായ ജ്ഞാനമാണ് മറ്റത് ആനുഭൗതികമായ ജ്ഞാനം അതെന്താണെന്ന് ചോദിച്ചാൽ വിശദീകരിക്കാൻ ഒക്കത്തില്ല സ്വാനുഭവത്തിലൂടെ ഗ്രഹിക്കേണ്ട കാര്യമാണ് ദൃശ്യത എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക സ്വ അനുഭവത്തിലൂടെ മനസ്സിലാക്കുക അത് ശാസ്ത്രത്തിനോ ഗുരുവിനോ ആചാര്യനോ ഒന്നും ഇത് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അനുഭവത്തെ ഒരനുഭവത്തെയും ഒരാൾക്ക് മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയില്ലാന്നിരിക്കെ ആത്മാനുഭവത്തെ എങ്ങനെ വിശദീകരിക്കാൻ പറ്റും ഒരു ചോദ്യോത്തരത്തിലൂടെ ഗ്രഹിക്കാവുന്ന യുക്തിയുടെ തലമല്ലാതെ അനുഭവത്തിന്റെ തലമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും എല്ലാം യുക്തിയുടെ തലത്തിലാണ് പരോക്ഷമായ ജ്ഞാനത്തെ സംബന്ധിച്ചാണ് ദൃശ്യത വിജ്ഞേഹ എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന അപരോക്ഷ ജ്ഞാനമാണ് അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ൊരിക്കലും അതാർക്കും വിശദീകരിക്കാൻ സാധ്യമല്ല സ്വാനുഭവത്തിലൂടെ മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ കാരണം അത് ഇരളും വെളിച്ചവും പോലെയാണ് അന്ധന് വെളിച്ചത്തെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ഒരിക്കലും അത് സാധ്യമേയല്ല വെളിച്ചമെന്ന് പറയുന്നത് സ്വാനുഭവത്തിൽ തന്നെ പറഞ്ഞു എന്നാലും അത് വെളിച്ചമാണെന്ന് തിരിച്ചറിയാൻ പറ്റും അന്ധനെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങളെന്താണോ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ധത ഇതല്ലാത്തത് ഇതിന് നേരെ വിപരീതമായത് എന്നെ മനസ്സിലാക്കാൻ പറ്റൂ അതാണ് സാക്ഷാത് നിർദ്ദേശിച്ചും അശക്യഹ ഭാഷ്യാരം പറയും പല ഭാഗങ്ങൾ ഇത് സ്വ അനുഭവമാണെന്നെല്ലാം പറയാം പക്ഷേ സാക്ഷാത് നേരിട്ടതിനെ നിർദ്ദേശിക്കാൻ സാധ്യമല്ല അതിന് ശ്രുതി പറയുന്ന അവാങ് മനോ ഗോചരം വാക്കിനും മനസ്സിനും അതീതമാണ് എന്നെല്ലാം പറയും ഇരുട്ടത്ത് ഇരുന്നുകൊണ്ട് വെളിച്ചം എങ്ങനെയെന്ന് പറയുന്നത് അതുകൊണ്ട് ശ്രുതി പറയും നേതി നേതി എന്ന് പറയും സച്ചിദാനന്ദറ്റും പറയുന്നതോ അത് ഇതിനെക്കുറിച്ചുള്ള ഒരു പരോക്ഷമായ ഞാനും നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് സച്ചിദാനന്ദം നേരിട്ട് നിർദ്ദേശിക്കുന്നത് അപ്പോൾ അനുഭവം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അനുഭവം മാത്രം അല്ല ഒരു ഉത്തരത്തിലൂടെ അതിന് മനസ്സിലാക്കിത്തരാൻ മനസ്സിലാക്കാൻ സാധ്യമല്ല അതായത് ഇതിനെ സാക്ഷാത്കരിച്ചാൽ ആ സാക്ഷാത്കാരം നഷ്ടപ്പെടും വീണ്ടും എന്നുള്ളതാണ് സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ അജ്ഞാനനാശം സംഭവിക്കുക എന്നുള്ളതാണ് അജ്ഞാനം വേഗമാണ് അജ്ഞാനം നാശം സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും അജ്ഞനാകുന്നില്ല അജ്ഞനാകണമെങ്കിൽ എന്തുവേണം അജ്ഞാനം വേണം അത് നശിച്ചു അജ്ഞാനം നശിക്കുന്നു അജ്ഞാനം ഏകമാണ് അത് നശിച്ചു നശിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായാൽ ബന്ധനസ്ഥനാകണമെങ്കിൽ അജ്ഞാനം നിലനിൽക്കണം അജ്ഞാനമാണ് ബന്ധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ വീണ്ടും അജ്ഞാനിയാകുന്നില്ല കാരണം അവിടെ അജ്ഞാനം നിലനിൽക്കാത്തതുകൊണ്ട് അപ്പോ ഈ ജ്ഞാനി ജ്ഞാനം അജ്ഞാനം ഇതിനെല്ലാം നമ്മൾ സാധാരണ വസ്തുക്കളെ പോലെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇത്തരം സംശയം വരുന്നത് അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു നശിപ്പിക്കുന്നു കാരണം നമ്മൾ ഒരു വസ്തുവിന്റെ നാശവും മറ്റും കാണുന്ന ആ രീതിയിലാണ് ഇപ്പോ അഗ്നി വെറങ്ങിനെ നശിപ്പിക്കുന്നു അതുപോലെ ജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായിട്ട് അജ്ഞാനം എന്ന് പറയുന്ന മറ്റൊരു വസ്തുവിനെ നശിപ്പിച്ച് അയാൾ ജ്ഞാനിയായി മാറുന്നു ഈ തരത്തിലേ നമുക്ക് ധരിക്കാൻ പറ്റൂ വാസ്തവത്തിൽ ഇത് വസ്തു കൽപ്പനയല്ല അത്തരത്തിലുള്ള യാതൊരു കൽപ്പനകൾക്കും ഇവിടെ ആ രീതിയിൽ ചിന്തിക്കുന്നത് നമുക്ക് തോന്നുന്നത് കാരണം ഇരുട്ടുണ്ടായിരുന്നു അതൊരു പദാർത്ഥമാണ് വസ്തുവാണ് അതിനെ വെളിച്ചം കൊണ്ടുവന്ന് നശിപ്പിച്ചു കുറച്ചു കഴിയുമ്പോൾ ആ വെളിച്ചം നശിച്ചു പോകുന്നു വീണ്ടും ഇരുട്ട് വരും അപ്പൊ ഇത് പദാർത്ഥങ്ങളിൽ സംഭവിക്കുന്നതാണ് വസ്തുക്കളിൽ സംഭവിക്കുന്നതാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നതും അജ്ഞാനനാശം എന്ന് പറയുന്നതും വസ്തുവല്ല ഇതെല്ലാം അവസ്തുവാണ് പദാർത്ഥ നിർവചനത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ല പദാർത്ഥ സ്വഭാവങ്ങളുമായി താരതമ്യപ്പെടുത്തി നമ്മൾ ഇതിനെ മനസ്സിലാക്കരുത് ഇത് ഇതിന് പറയുന്ന എന്താണ് നമ്മൾ പരിച്ഛിന്നമായ പരിമിതമായ വസ്തുക്കളുടെ ലോകത്തിലാണ് ജീവിക്കുന്നത് ആ പദാർത്ഥങ്ങളുടെ കുറിച്ചുള്ള ബോധത്തിൽ നിന്നുകൊണ്ടാണ് അത് വേറെ രീതിയിൽ പറഞ്ഞാൽ സേന്ദ്രിയമായ ഇന്ദ്രിയ വിഷയമായ ഈ ലോകത്തിലുള്ള വസ്തുക്കളെ കണ്ട് അതുമായി താരതമ്യപ്പെടുത്തിയിട്ട് നമ്മൾ അതീന്ദ്രിയമായൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മളിവിടെ പറയുന്ന അനുഭൂതി അജ്ഞാനനാശം ഇതെല്ലാം അതീന്ദ്രിയമാണ് ഇന്ദ്രിയ വിഷയമല്ല നമ്മൾക്ക് പരിചയമുള്ളത് വസ്തുക്കൾ പദാർത്ഥങ്ങളല്ല ഇന്ദ്രിയ വിഷയമായ പദാർത്ഥങ്ങളാണ് പക്ഷെ ഈ തത്വത്തെ ഒന്ന് ബോധിപ്പിച്ച് തരുന്നതിന് വേണ്ടി ദൃഷ്ടാന്തങ്ങൾ പറയുന്നു ഉള്ളൂ ഇരുട്ടിന്റെയും പ്രകാശത്തിന്റെയും അത് വെളിച്ചം ഇരുട്ടിനെ നശിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ നശിപ്പിക്കുന്നത് ജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു അജ്ഞാനം എന്ന് പറയുന്ന മറ്റൊരു വസ്തുവിനെ നശിപ്പിക്കുന്നു എന്ന് ഈ വ്യാവഹാരികമായ പ്രപഞ്ചത്തിന്റെ ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ഈ തത്വത്തെ ഗ്രഹിക്കരുത് ഇത് അതീന്ദ്രിയമായ ഒരു വിഷയമാണ് അതീന്ദ്രിയമായ വിഷയത്തെ സ്വേന്ദ്രിയമായി നമുക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതൊക്കെ പറയുന്നേ ഉള്ളൂ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വ്യാവഹാരിക തലവും അനുഭവ തലവും അത്യന്തം ഭിന്നമാണ് അതിലേക്കുള്ള വെറും ഒരു ചൂണ്ടുവലക മാത്രം അതുകൊണ്ട് എപ്പോഴും പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക ആത്മതത്വം അവാങ് മനോഗോചരമാണോ എന്നാൽ അത് ആനുഭൂതികമാണെന്ന് പറയുമ്പോൾ അത് അതിനെയാണ് അതീന്ദ്രിയമായ ജ്ഞാനം എന്ന് പറയുന്നത് നമുക്കിപ്പോ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാനവുമായിട്ടും അതിന് യാതൊരു ബന്ധവുമില്ല ഇവിടുത്തെ പദാർത്ഥ നിയമങ്ങളൊന്നും തന്നെ അവിടെ ബാധകമല്ല അതുകൊണ്ട് വസ്തുബോധത്തിൽ നിന്നുകൊണ്ട് പദാർത്ഥ പ്രപഞ്ച പദാർത്ഥ ബോധത്തിൽ നിന്നുകൊണ്ട് അതുപോലെയായിരിക്കും ഇത് എന്ന് ധരിക്കാതെ ഇത് അതീന്ദ്രിയമാണ് സ്വസംവേദ്യം ഭാഷയത്തിൽ പറയും അത് എന്ന് മനസ്സിലാക്കുക അപ്പം ആ അനുഭൂതിയുടെ തലത്തെ ബുദ്ധിയുടെ തലം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അർത്ഥമില്ല വാഴ്വേലയാണ് ഇതിനപ്പുറം എന്ന് ധരിക്കുക അത്രേയുള്ളൂ അതുകൊണ്ട് എന്തുകൊണ്ട് ഏറ്റവും പ്രധാനമായ കാര്യം ഇതാണ് ഈ അതീന്ദ്രിയ അനുഭൂതിക്ക് തടസ്സമായിരിക്കുന്ന അജ്ഞാനം നിലനിൽക്കുന്നു ഇപ്പോൾ ആ അജ്ഞാനത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഈ അനുഭൂതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അതും ഒരേ കാലം സാധ്യമല്ല ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ജിജ്ഞാസുകൾ അജ്ഞാനം നിലനിൽക്കുന്നു അജ്ഞാനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇയാൾ ജ്ഞാനത്തെ ധരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പം ഇത് രണ്ടും നിങ്ങൾ ഒരുമിച്ച് സംഭവിക്കും ഒരുമിച്ച് സംഭവിക്കത്തില്ല അതുകൊണ്ട് ജ്ഞാനത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ജ്ഞാനത്തെക്കുറിച്ചുള്ള യുക്തിചിന്ത അതെല്ലാം അവസാനിക്കുന്നിടത്തെ ജ്ഞാനം പ്രത്യക്ഷമാകുന്നുള്ളൂ ഇതെല്ലാം അവസാനിക്കുന്ന സ്ഥാനത്ത് അപ്പോൾ ഈ തലത്തിലിരുന്നു കൊണ്ട് ഇന്ദ്രിയ തലത്തിലിരുന്നു കൊണ്ട് ഇതിന്റെ പൂർണ്ണതയെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് അസാധ്യമാണ് അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ വ്യക്തമായ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ നിന്ന് മുക്തനായാലേ ഉള്ളു നമ്മുടെ ചോദ്യോത്തരവും അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം അതുകൊണ്ട് അത് വിശദീകരിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യം തന്നെയാണ് അനുഭവം എങ്ങനെയാണ് വിശദീകരിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല പിന്നെ ശാസ്ത്രങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു ഈശർ ദർശനമൊന്നും ഒരു ചെറിയൊരു ചൂണ്ടുവലക അത്രേ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ തല പോച്ച് കണ്ടുപിടിക്കേണ്ട എത്തിച്ചേരേണ്ട ഒന്നല്ല അനുഭവതലം യുക്തിചിന്തയിലൂടെ എത്തിച്ചേരേണ്ട ഒന്നല്ല അനുഭവ തലം അത് മറ്റൊന്നാണ് അവിടെ അജ്ഞാനനാശം സംഭവിക്കുന്നു ജ്ഞാനം പ്രകാശിക്കുന്നു അതീന്ദ്രിയമായ ഒരു തലം എന്നാ അതിനെക്കുറിച്ച് ശാസ്ത്രങ്ങളും ഗുരുക്കന്മാരും എല്ലാം പറയുന്ന അങ്ങനെയാണ് അതുകൊണ്ട് അത് വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ആർക്കും സാധ്യമല്ല ആരും ഇതുവരെ അങ്ങനെ വിശദീകരിച്ച് മനസ്സിലാക്കിയിട്ടുമില്ല അതുകൊണ്ട് ആ ഒരു ചിന്ത നല്ലതാണ് ആ ചിന്തയിലൂടെ നമ്മൾ നേടേണ്ട ഇതാണ് ആ തലം അതീന്ദ്രിയമായൊരു തലമാണ് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാൻ ചിന്ത ഉപകരിക്കണം അല്ലെങ്കിൽ അത് ചിന്ത ആശയക്കുഴപ്പത്തെ ഉണ്ടാകും ഉപായങ്ങളെ മാത്രമേ നിർദ്ദേശിക്കുന്നുള്ളൂ ലക്ഷ്യത്തെ ആരും ബോധ്യപ്പെടുത്തി തരുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്വാനുഭവത്തിൽ പറഞ്ഞു എപ്പോഴും പറയുന്ന അതാണ് അടുത്ത മന്ത്രത്തിന്റെ ആമുഖമായി പറയുന്നത് അതാണ് തത് പ്രതിപത്തി ഉപായം ആഹാ അതിൻ്റെ പ്രതിപത്തിക്കുള്ള ഉപായങ്ങളെ പറയുകയാണ് ഈ പറയുന്നതെന്ന ഉപായമാണ് ഉപേയമല്ല ഉപേയം ലക്ഷ്യം അത് ആർക്കും വിശദീകരിക്കാൻ സാധ്യമല്ല ഉപായങ്ങളെ വിശദീകരിക്കുന്നു നമ്മൾ ചോദിക്കുന്നത് അനുഭൂതിയെക്കുറിച്ചാണ് അനുഭൂതി എന്ന് ഉപായമല്ല മറിച്ച് അത് ഉപേയമാണ് അതിന് ഭാഷയില്ല അനുഭൂതിക്ക വാക്കുകളുണ്ടോ നമ്മൾ എന്തെങ്കിലും ആശയവിനിമയം നടത്തുന്ന വാക്കുകളിലൂടെയാണ് അതീന്ദ്രിയത്തിന് ഭാഷയില്ല വാക്കില്ല ശാസ്ത്രമില്ല ഇത്ര വേദ എന്നുമ്പോൾ നമ്മൾ ചെറുത്തേട്ടുള്ളതാണ് അവേദഭവന്തി വേദങ്ങളെല്ലാം വേദങ്ങളല്ലാതായിത്തീരുന്നു ഉപദേശങ്ങളെല്ലാം ഉപദേശങ്ങളല്ലാതായിത്തീരുന്നാണ് വേദം തന്നെ പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ട് പ്രയോജനമില്ല ഉപായത്തെക്കുറിച്ച് എന്തിക്കാര്ഗത്തെക്കുറിച്ച് എന്തിക്കുക അത് പ്രയോജനം ചെയ്യും അപ്പം ഈ മാർഗവും ആ ലക്ഷ്യവും തമ്മിൽ അതിന്റെ ഒരു അതിർവരമ്പുണ്ട് ഈ മാർഗത്തിൽ നിന്നും ലക്ഷ്യത്തിലേക്ക് മാറുന്ന ഒരു അതിർവരമുണ്ട് അപ്പം ആ അത് നമുക്ക് പിടികിട്ടത്തില്ല ജാഗ്രതയിൽ നിന്നും സുഷുതിയിലേക്കും സുഷുപ്തിയിൽ നിന്നും ജാഗ്രതയിലേക്കുമുള്ള വരവും പോക്കും നമ്മളറിയാത്ത പോലെ എന്ന് സംഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അറിയുന്നില്ല പറയാൻ പറ്റുവാർക്കെങ്കിലും ഇന്ന നിമിഷം ഞാൻ ഉറങ്ങി ഇന്ന നിമിഷം ഞാൻ ഉണർന്ന് എന്ന് പറയാൻ പറ്റുന്നില്ല ഒരു മിടുക്കനും പറയാൻ കഴിയത്തില്ല ഈ സെക്കൻഡിലാണ് ഞാൻ ഉറങ്ങിയത് ഈ സെക്കൻഡ് കാരണം ഇത് അത്യന്തം വിരുദ്ധമായ രണ്ട് തലങ്ങളാണ് ജാഗ്രതയും സുഷുപ്തിയും ഒരു തലത്തിൽ നിന്നും മറുതലത്തിലേക്ക് എവിടെ വെച്ചാണ് മാറുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അതുപോലെ ഈ അജ്ഞാനനിദ്രയിൽ നിന്നും ജാഗ്രതയിലേക്ക് കടക്കുന്ന ആ നിമിഷം നമുക്ക് പിടിയിട്ടത്തില്ല അത് പിടികിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിശദീകരിക്കാൻ വരും ഇത് രണ്ടു രണ്ട് തലമാണ് അതൊരിക്കലും പിടികിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് ആ നിമിഷം നമുക്ക് പിടികിട്ടാത്തതുപോലെ ഉണർന്ന് ഉണർവിനെ അറിയുന്നുണ്ട് ഉറക്കത്തിനെ അറിയുന്നുണ്ട് എനിക്ക് ഉറങ്ങി ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നത് എപ്പോഴാണെന്ന് അറിയണമെന്നുള്ള വിചാരത്തോടുകൂടി ഒരാൾ കിടന്നു വന്നിരിക്കട്ടെ പ്രവേശിക്കുമ്പോൾ അറിയത്തില്ല അതുപോലെ തന്നെ കരുതുകയാണ് ഉണർന്നു വരുന്ന ആ നിമിഷം എനിക്ക് പിടികിട്ടണം അത് പിടികിട്ടത്തില്ല പിടികെട്ടിയിരിക്കും അതൊരു പക്ഷേ സ്വപ്നമായിരിക്കും അതുപോലെ അതീന്ദ്രിയമായൊരു വിഷയമാണ് ഈ അനുഭവം അത് കണ്ടത്തില്ല പ്രതിബോധവിദിതം മതം അമൃതത്വം ഹിവിന്ദത്തെ എന്ന് പറയും പ്രതിബോധവിദിതം എന്ന് പറയുന്നതും അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതിബോധവിദിതമല്ല അനുക്ഷണം ഇത് പ്രകാശിക്കുന്നതല്ല ഇത് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അളന്നു പറയുന്ന ക്ഷണങ്ങൾ നമ്മുടെ ക്ഷണങ്ങള് തത്വജ്ഞാനിക്ക് ക്ഷണവുമല്ല തത്വജ്ഞാനിയുടെ അവസ്ഥ എന്ന് പറയുന്നത് കാലാതീതമായ അവസ്ഥയാണ് പക്ഷെ അജ്ഞാനിയുടെ ക്ഷണങ്ങളുണ്ട് അജ്ഞാനി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ക്ഷണങ്ങളിലും ജ്ഞാനിക്ക് ആ ബോധസ്ഫുരണത്തിന്റെ അനുഭൂതിയുണ്ട് എന്നാണ് അവിടെ രണ്ടിനും കൂടി അംഗീകരിച്ചുകൊണ്ടല്ലോ പറയുന്നത് അജ്ഞാനിയുടെ ക്ഷണത്തെയും ജ്ഞാനിയുടെ അനുഭൂതിയും ഒന്നാക്കിയല്ല പറയുന്നത് സർവം ഖൽവീതം ബ്രഹ്മ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രപഞ്ചവും അതിനോട് ചേർന്നൊരു ബ്രഹ്മവും എന്നല്ല പ്രപഞ്ചത്തെ അവിടെ പാടെ നിഷേധിക്കുന്നു അതിനുപരിയായി ബ്രഹ്മത്തെ മാത്രം സ്ഥാപിക്കുന്നു അതുപോലെയാണ് പ്രതിബോധവിദിതം മതം എന്ന് പറയുന്നു അതും ഞാനീടെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമല്ല അതുകൊണ്ടിവിടെ അടുത്ത മന്ത്രത്തിന് വേണ്ടി ഭാഷകാരം പറയുന്ന അതിന്റെ ഉപായത്തെ പറയാം ആ ഉപായത്തിന് നമ്മൾ പരിശ്രമിക്കുക ലക്ഷ്യത്തിൽ പരിശ്രമമൊന്നുമില്ല തദ് ശാന് യേ നിയച്ചേ ഉപസംഹരെ വിവേകം सर्वेशाम ഇന്ദ്രിയാണ എന്നുള്ള ഭാഗമാണ് ഭാഷയത്തിൽ വിശദീകരിക്കുന്നത് ഉപസംഹരിക്കുക എച്ച് എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ഉപസംഹരിക്കൂ എന്താണ് ആര് പറയുന്നുാജ്ഞ വിവേകി വിവേകിയായിട്ടുള്ളവൻ എന്ത് കിം വാക്ക് ഈ വാക്കിനെ വാചം വാഗേന്ദ്രിയത്തെ ഉപസംഹരിക്കൂ എന്നാണ് അതായത് അന്ധകരണത്തിന് ഒരാലംബനമില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല ഈ അന്ധക്കരണം തന്നെയാണ് പല രൂപത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അന്ധക്കരണത്തിന്റെ ഭാഗങ്ങൾ ഇന്ദ്രിയങ്ങളുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു പ്രാണന്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു മനസ്സിന്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു ഇങ്ങനെ മുഖ്യമായി ഒന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അത് മനസ്സിലാക്കിത്തരുന്നതിനാണ് നമുക്ക് ഈ തന്മാത്രകൾ അതിന്റെ സാത്വികം രാജസം താമസ ഈ അംശങ്ങളിൽ നിന്ന് ഇതെല്ലാം വേറെ വേറെ ഉണ്ടായി എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ വസ്തു ഒന്നു തന്നെ തന്മാത്രകൾ തന്നെ തന്മാത്രയും തന്നെ അഞ്ചായിട്ട് അതിന് വേർതിരിക്കുന്ന ഗുണങ്ങളുടെ വ്യത്യാസമൊക്കെ കാണിച്ചുകൊണ്ട് വസ്തു ഒന്ന് തന്നെ അഞ്ചായതിനെ വിഭജിച്ച് മനസ്സിലാക്കിത്തരുന്നു തന്നെ അപ്പോൾ അതിന് ഒരലംബനമില്ലാതെ നീക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ആലംബന അതിന്റെ ഏറ്റവും സ്ഥൂലമായ ആലംബനമാണ് ബാഹ്യ വിഷയങ്ങൾ അന്ധകരണത്തിന്റെ ആലംബനമാണ് അത് ആ വിഷയങ്ങളിൽ പറ്റി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഈ പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷയത്തെ കൂടാതെ നിലനിൽക്കാൻ പറ്റത്തില്ല നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കൂടി ചിന്തിച്ചുകൊണ്ടേയിരിക്കും അല്ലാതെ മനസ്സിന് നീക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒന്ന് വേണം അവിടെ അത് മുഖ്യമായി ആശ്രയിക്കുന്നത് സ്ഥൂലങ്ങളായ ബാഹ്യവിഷയങ്ങളെയാണ് ഇനി ഒന്നുകൂടി ഇത് ഈ ആശ്രയം എന്ന് പറയുന്നത് ബോധപൂർവം ആശ്രയിക്കുന്നതാണ് ആ മനസ്സ് സഹജമായി സ്ഥൂല വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നതിന് നമ്മുടെ ഇച്ഛാശക്തിയെ അവലംബിക്കാതെ തന്നെ സഹജമായി ഈ സൂക്ഷ്മങ്ങളായ ഇന്ദ്രിയങ്ങളെ അവലംബിക്കുന്നു ിയങ്ങൾ ലൂടെ മനസ്സ് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതാണ് അപ്പൊ സദാ നമ്മുടെ അന്ധകരണം വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആശ്രയിക്കുന്നത് ഇന്ദ്രിയങ്ങളെയാണ് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഭാഷകാരൻ വാക് എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചത് വാക് അത്ര ഉപലക്ഷണ വാക്കെന്ന് പറയുന്ന ഇവിടെ ഉപലക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ സർവേഷാം ഇന്ദ്രിയമാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഗ്രഹിച്ചോളും നമ്മുടെ അന്ധകരണം എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇന്ദ്രിയങ്ങളും അതിനെ അവലംബിച്ച് പ്രവർത്തിക്കുന്നു തിരിച്ചതിനും എന്തെങ്കിലും ഒരു ആശ്രയമില്ലെന്ന് നിലനിൽക്കാൻ പറ്റത്തില്ല അത് ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനമാണ് അതിൻ്റെ നിലനിൽപ്പ് മനസ്സ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ മനസ്സവിടെ ഇല്ല മനസ്സ് ശുദ്ധശൂന്യമായി പോവും അത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് അത് പ്രവർത്തിച്ചാലേ അതൊള്ളൂ അതിൽ ക്രിയ ചലന സംഭവിച്ചാലേ മനസ്സും അതിൽ ക്രിയ ചലനം പ്രവർത്തനം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സില്ല അങ്ങനെ ഒരു വസ്തുല്ല അത് ആ വസ്തുവായിപ്പോകും അങ്ങനെയിരിക്കുന്ന മനസ്സിന്റെ സൂക്ഷ്മശ്രയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ ഇതിനെ ആശ്രയിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സിനെ അത്തരം ഇന്ദ്രിയ ആശ്രയത്വത്തിൽ നിന്നും അതിനെ മാറ്റി മനസ്സിന് മനസ്സിന്റെ തലയിൽ തന്നെ നടത്തുക ഇന്ദ്രിയ വ്യാപാരങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ കണ്ണടയ്ക്കുന്നു എന്താണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ അന്ധക്കരണത്തിന്റെ ആ ഇന്ദ്രിയ ആലംബനം ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുക എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് കാണണ്ട ഗുഹിക്കകത്ത് കയറിയിരിക്കുന്നതിന് കേൾക്കണ്ട അതാണ് ഉദ്ദേശം കാണണ്ട കേൾക്കണ്ട ഇതാണ് ഗുഹിക്കാത്തതിന് ശബ്ദം കേൾക്കത്തില്ല അപ്പോൾ അവിടെയെന്ന് വരുന്നു ഉപസംഹരേ വാക് മനസ്സി വാക്കിന് ഇന്ദ്രിയങ്ങളെ മനസ്സിന് നമ്മൾ ഉപസംഹരിക്കുകയാണ് വിഷയ തലത്തിൽ നിന്നും മനസ്സിനെ വിട്ട് ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റി മനസ്സിനെ മനസ്സിന്റെ തലത്തിൽ തന്നെ നിർത്തുന്നു മനോവ്യാപാരം ധ്യാനം എന്ന് പറയുന്നത് മനോവ്യാപാരമാണ് ഇന്ദ്രിയ സഹായം കൂടാതെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രിയ സഹായത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത് ബാഹ്യവിഷയങ്ങൾ ബാഹ്യവിഷയങ്ങൾ എന്ന് പറയുന്ന മനസ്സിന്റെ ആലംബനത്തിന് പകരം മനസ്സിന് പുതിയൊരു ആലംബനത്തെ കൊടുക്കുകയാണ് നമ്മളുടെ മനസ്സുകൊണ്ട് തന്നെ സൃഷ്ടിക്കുന്ന ഏതെങ്കിലും രൂപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഏതെങ്കിലും ശബ്ദം ഇതിലെല്ലാം മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതാണ് വാക് ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ നിന്നും മനസ്സിനെ ഉപസംഹരിക്കണം അല്ലെങ്കിൽ വാക്കിനെ മനസ്സിൽ ഉപസംഹരിക്കണമെന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഇന്ദ്രിയങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും വിട്ട് ആ അന്ധകരണത്തെ അന്ധകരണത്തിന്റെ നിലയിൽ തന്നെ നിർത്തുക മനസ്സിന് അന്ധകരണത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ നിൽക്കും മനസ്സ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉപസംഹരി പ്രാജ്ഞ വിവേകി വാചം മനസ്സിൽ മനസ്സിൽ വാക്കിനെ ഉപസംഹരിക്കണം കണ്ണടച്ച് ശബ്ദം കേൾക്കാതെ മനസ്സുകൊണ്ട് ഏകാഗ്രമായി ഭാവന ചെയ്യുന്നു എന്തിനേക്കും എവിടെയാണ് ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഉപസംഹരിക്കേണ്ടത് പറയുന്നു മനസി മനസിന്നു അവിടെ ഭാഷയുടെ നിയമം അനുസരിച്ച് മനസി എന്ന് ഹൃസമായിട്ട് പ്രയോഗിക്കാവൂ മനഃശബ്ദത്തിന്റെ സപ്തമി ഏക മനസി മനാംസി മനസി മനസോഹ മനസ്സു ഏകവചനത്തിൽ മനസ്സി എന്ന് ഹ്രസ്വമായിട്ട് പ്രയോഗിക്കാം പക്ഷെ ശ്രുതി അങ്ങനെയുള്ള നിയമങ്ങളെയൊന്നും അംഗീകരിക്കത്തില്ല പറയുന്നു മനസ്സി വേദം തത്രഭവം അവിടെ സംഭവിച്ചത് ഛാന്തസം വേദത്തിൽ സംഭവിച്ചിരിക്കുന്ന ദൈർഘ്യമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ വ്യാകരണം ഒന്നും ഇവിടെ എടുത്ത് പ്രയോഗിക്കരുത് നിയമങ്ങളൊന്നും ഇവിടെ അപ്ലൈ ചെയ്യരുത് വേദത്തിൽ അതൊന്നും ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് മനസ്സിൽ നിന്ന് മതിയായിരുന്നു പക്ഷേ ഇവിടെ മനസ്സിൽ പറഞ്ഞു അതെന്താണ് എന്തുകൊണ്ട് അങ്ങനെയൊന്നും ചോദിക്കരുതെന്നാണ് അങ്ങനെ ഛാന്തസോ എന്ന് പറയുന്നത് അതെല്ലാം അങ്ങനെയാണ് അങ്ങനെയാണ് ധരിച്ചോളൂ മനസ്സി മനസ്സിൽ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ ഉപശമിപ്പിക്കുക വിഷയ തലത്തിൽ നിന്നും ഇന്ദ്രിയ തലത്തിൽ നിന്നും വിട്ട് മനസ്സിനെ മനസ്സിൽ തന്നെ നിർത്തുക മനോഭാവനകളിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുക സ്ഥൂല വിഷയങ്ങളിലേക്ക് പോകരുത് അങ്ങനെ പോകുന്നതിന് സൂക്ഷ്മങ്ങളായ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കരുത് ഇതാണ് ഉപായം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ഭാവനയെ കുറിച്ച് ധ്യാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഉപാസനയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായി തച്ച യേ പ്രകാശസ്വരൂപേ ആത്മാക്തി അടുത്തു പറയുന്നു മനസ്സിന് ബുദ്ധിയെന്ന് ഉറപ്പിക്ക മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം സങ്കല്പവികൽപാത്മികം സങ്കൽപ്പവികല്പാത്മകം മന എന്ന് പറയും അറിയുക സംശയിക്കുക അതാണ് മനസ്സിന്റെ സ്വഭാവം ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സ് ഉയറിട്ടുകഴിഞ്ഞാൽ ആ മനസ്സ് പലതിനെയും അറിഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അത് വികൽപ രൂപത്തിൽ ആ മനസ്സിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും അതായത് പലതരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ കടന്നുകൊണ്ടേയിരിക്കും നമ്മൾ മനസ്സിനെ ഉപസംഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ് മനസ്സിൽ പലതരം ചിന്തകൾ വരുന്നത് ഭൂത വർത്തമാന ഭാവി കാലത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ കടന്നുകൊള്ളുന്നുണ്ടേയിരിക്കും ഇത് അന്ധക്കരണത്തിന്റെ സങ്കല്പവികൽപ്പ രൂപത്തിലുള്ള അവസ്ഥയാണ് ഇതിനപ്പുറം ഒരു അവസ്ഥയുണ്ടെന്നാണ് നിശ്ചയ മികാ ബുദ്ധി എന്ന് പറയുന്നത് നിശ്ചയ രൂപത്തിലിരിക്കുക ഒന്നിലുറച്ചിരിക്കുക അതാണല്ലോ നിശ്ചയാത്മകം എന്ന് പറയുന്നത് ഇന്നത് ഇന്നതാണെന്ന് നിശ്ചയിക്കുക അതിൽ പിന്നെ അതാണോ ഇതാണോ എന്നുള്ള വകല്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഒന്നിൽ തന്നെ സ്ഥിരീക വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിന്റെ ഏകാഗ്രത അത് ബുദ്ധിയുടെ പ്രകടമായ അവസ്ഥയാണ് അപ്പോ മനസ്സിന്റെ സഹജമായ ശൈലിയിൽ നിന്നും അതിന്റെ പ്രവർത്തന രീതിയിൽ നിന്നും അതിനെ മാറ്റി നിശ്ചയാത്മികമായ രൂപത്തിലേക്ക് വരിക തത് ഏകദാനത ധ്യാനം എന്നും മറ്റും യോഗശാസ്ത്രത്തിനും മറ്റും പറയുള്ളൂ ആ മനസ്സിന്റെ ഏകദാനത്വം ഒരേ വിഷയത്തിലുള്ള ഏകരൂപത്തിലുള്ള അനുസ്യൂതമായ വൃത്തിപ്രവാഹം ഏകാഗ്രത എന്ന് പറയുന്നു അപ്പോൾ മനസ്സിനെ ബുദ്ധിയിലേക്ക് ഉപസംഹരിക്കുക എന്ന് പറഞ്ഞാൽ മനോവ്യാപാരങ്ങളിൽ നിന്നും മാറി മനസ്സ് നിശ്ചയരൂപത്തിലായിത്തീരുക ധ്യാനത്തിന്റെ ഏകാഗ്രമായ സ്ഥായിയായ അവസ്ഥ അതാണ് അടുത്ത് പറയുന്നത് തച്ചമന ആ മനസ്സിനെ യച്ച് ഉപസംഹരിക്കണം ഇവിടെ ജ്ഞാനി ജ്ഞാനത്തിൽ പ്രകാശസ്വരൂപേ ബുദ്ധി പ്രകാശസ്വരൂപിണിയായിരിക്കുന്ന ബുദ്ധി എന്ന് പ്രത്യേകം പറയും മനസ്സിൽ അറിവുള്ളപ്പോഴെല്ലാം മനസ്സിൽ പ്രകാശമുണ്ട് പക്ഷെ അറിവ് വികല്പ രൂപത്തിലാണെങ്കിൽ സങ്കല്പ രൂപത്തിലാണെങ്കിൽ അവിടെ ഒരു മനസ്സിലൊരു കാളിമയുണ്ടായിരിക്കും ഒരു മറവുണ്ടായിരിക്കും അത് സ്വച്ഛമായിരിക്കത്തില്ല മനസ്സ് എത്രമാത്രം സ്വച്ഛമാകുന്നു ഏകാഗ്രമാകുന്നു അതിനനുസരിച്ച് അതിൻ്റെ പ്രകാശം കൂടി വരും മൂർച്ച കൂടുന്നതിനനുസരിച്ച് അതിന്റെ തീഷ്ണത കൂടാറുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പ്രകാശസ്വരൂപേ മറ്റേ നമ്മൾ പറയുമല്ലോ കരങ്ങിയ മനസ്സ് കലുഷമായ മനസ്സ് പിന്നെ വേറെ തരത്തിൽ പറയുന്നതാണ് ശാന്തമായ മനസ്സ് ശുദ്ധമായ മനസ്സ് സ്വച്ഛമായ മനസ്സെന്ന് പറയുന്നത് മനസ്സിലേത് സമയത്താണോ ഈ പറയുന്ന ഏകാഗ്രത വരും അപ്പോൾ മനസ്സ് ശാന്തമാവും മനസ്സിലെപ്പോഴാണോ നാനാ ചിന്തകൾ നിരന്തരം വരുന്നത് അപ്പോൾ മനസ്സ് കലുഷമാവും അതിനാണ് നമ്മൾ ടെൻഷനെന്ന് പറയും വിരുദ്ധ വിചാരങ്ങൾ മനസ്സിൽ അനിയന്ത്രിതമായി പെരുകിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിന്റെ ടെൻഷൻ ധ്യാനത്തിൽ സംഭവിക്കുന്ന എന്താണ് ആ വിരുദ്ധ വൃത്തികൾ മനസ്സിൻ്റെ അനിയന്ത്രിതമായ ആ വികാരങ്ങൾക്കെല്ലാം ഒരു ശാന്തി വരുന്നു ഉപശമം വരുന്നു ശാന്തി എന്ന് പറഞ്ഞാൽ അതങ്ങ് വിനയിച്ചു പോകും എന്നിട്ട് ഏകഭാവന മനസ്സിൽ വരുന്നു ഏക താനത വരുന്നു അത് മനസ്സിന്റെ സ്വഭാവമല്ല മനസ്സ് അല്ലെങ്കിൽ അന്ധകരണം മനോവൃത്തികളിൽ നിന്നും വേറിട്ട് ബുദ്ധിപ്പെടുത്തി നിൽക്കുന്നു അതിന്റെ പ്രവൃത്തി ബുദ്ധി രൂപത്തിലാവുന്നു എന്ന് പറയാം യോഗശാസ്ത്രത്തിനും മറ്റൊക്കെ വേറെ ഭാഷയിൽ പറയും ശ്രുതി അതിന്റെ ഭാഷയിൽ പറയുന്നു എന്നേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വേദത്തിന്റെ ഭാഷയിലൂടെ നമ്മൾ അത് മനസ്സിലാക്കുന്നു എന്നേയുള്ളൂ പുതിയൊരു കാര്യം പറയുന്നു എന്ന് ധരിക്കേണ്ട പ്രകാശസ്വരൂപേ പ്രകാശരൂപിണിയായ ബുദ്ധി ബുദ്ധവും ആത്മനെയും അതിനാത്മാവെന്നും പറഞ്ഞു മനസ്സിൻ്റെ ആത്മാവാണ് ബുദ്ധി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മനസ്സിൻ്റെ ആത്മാവാണ് ബുദ്ധി എന്ന് പറയുന്നത് ആ ബുദ്ധി ഒന്ന് കലങ്ങുന്നതാണ് മനസ്സായി നിൽക്കുന്നത് അത് വീണ്ടും ശാന്തമാകുമ്പോൾ അതായത് കലങ്ങി വെള്ളവും തെളിഞ്ഞ വെള്ളവും പോലെ കലങ്ങി വെള്ളത്തിൻ്റെ ആത്മാവാണ് തെളിഞ്ഞ വെള്ളമെന്ന് പറയുന്നത് കുളത്തിന് വെള്ളം അനക്കമില്ലാതെ കിടന്നപ്പോൾ അതതിന്റെ യഥാർത്ഥ ശരിയായ രൂപത്തിൽ കിടന്നു അതൊന്ന് കലക്കിയപ്പോൾ എന്ത് ചെയ്തു അടിയിലുണ്ടായിരുന്ന ചളിയും അഴുക്കും എല്ലാം കൂടി കലങ്ങി അത് രൂപാന്തരത്തെ പ്രാപിച്ചു അപ്പോൾ നമുക്ക് പറയാമല്ലോ ആ കലങ്ങി വന്ന ആ വെള്ളത്തിന്റെ ആത്മാവായിരുന്നു ആ തെളിഞ്ഞ വെള്ളം ശുദ്ധമായ വെള്ളം എന്ന് പറയുന്നതുപോലെ പറയുകയാണ് ആത്മനീ ആ മനസ്സിന്റെ ആത്മാവായിരിക്കുന്ന ബുദ്ധിയും സ്വച്ഛമായ മനസ്സെന്നും പറയും ശാന്തമായ മനസ്സ് എന്നർത്ഥം അതാണ് ഈ മനസ്സിങ്ങനെ ഇളകി മറിഞ്ഞ് വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അന്ധകരണത്തിൽ തന്നെ നിന്നുകൊണ്ടത് വിഷയ ചിന്ത ചെയ്യുമ്പോഴുമൊക്കെ അവിടെ അതിന്റെ അധിഷ്ഠാന സ്വരൂപമായി നിൽക്കുന്നത് ഈ ശാന്തമായ ബുദ്ധിയാണ് അതാണ് അടുത്തു പറയുന്നത് ബുദ്ധി ഹീ ബുദ്ധിയാകട്ടെ മന ആദിക മനസ്സ് തുടങ്ങിയ കരണങ്ങളെല്ലാം അത് വ്യാപിച്ചിരിക്കുന്നു ഏതുപോലെ സമുദ്രത്തിന്റെ ഉപരിതലം പ്രക്ഷുബ്ധമായിരിക്കുമ്പോഴും അതിന്റെ അടിത്തട്ട് അപേക്ഷികമായി ശാന്തമായിരിക്കുന്നു അതുപോലെ ആ ശാന്തമായ മനസ്സ് സദാസമയം ഈ ശാന്തമായ ബുദ്ധി ശാന്തമായ മനസ്സെന്ന് ശാന്തമായ ബുദ്ധി എന്ന് പറയുന്നു ഒന്ന് തന്നെ അത് ഈ പ്രക്ഷുബ്ധമായ മനസ്സിന്റെ പ്രവർത്തനങ്ങളിലും എല്ലാം അത് അതിനോടൊപ്പം ഉണ്ട് അതിന് ആധാരമായി നിലനിൽക്കുന്നു അതാണ് പറയുന്നു മന ആദി കരണാനി ആത്മനോദി മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതിലെല്ലാം വ്യാപിച്ചിരിക്കുന്നുണ്ട് അതിന്റെ തനിസ്വരൂപം ആ മനസ്സിന്റെ തനിസ്വരൂപമായ ശാന്തമായ ബുദ്ധി അതുകൊണ്ട് അതിനെന്തു പറയുന്നു ഇവിടെ ആത്മാ എന്ന് വിളിച്ചു മനസ്സിന്റെ ആത്മാവായതുകൊണ്ട് പ്രത്യേക അതിന്റെ എല്ലാം സ്വരൂപം പ്രത്യേക ആ മനസ്സിന്റെ യഥാർത്ഥ സ്വരൂപമായ ബുദ്ധി മനസ്സിന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ശാന്തിയാണ് ശാന്തമാണ് ഏകാഗ്രതയാണ് അതിന്റെ യഥാർത്ഥ സ്വരൂപം പറ്റുന്നതിന്റെ വിക്ഷിപ്തമായ അവസ്ഥയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏകാഗ്ര ഭാവനയിൽ മനസ്സ് ഇന്ദ്രിയതലങ്ങളെ വിട്ട് അതിന്റെ തനതായ സ്വരൂപത്തെയും വിട്ട് അതിന്റെ എന്നിട്ട് അതിന്റെ മൂല രൂപത്തിലേക്ക് ഏകാഗ്രതയിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ എത്തിച്ചേരുന്നത് ഈ ജഡമായ ബുദ്ധിയാണ് മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് മനസ്സ് ഏകാഗ്രമാകുന്നത് കൊണ്ട് മാത്രം മനസ്സ് ശരിയായി എന്നർത്ഥമില്ല മനസ്സ് ഏകാഗ്രമാകുന്നതിന് ഈ പ്രാപഞ്ചിക വിഷയങ്ങൾ മതി മനസ്സ് കാമത്തിൽ ഏകാഗ്രമാകുന്നു നിശ്ചലമായി തീരുന്നു ക്രോധത്തിൽ ഏകാഗ്രമാകുന്നു ഇതൊന്നും ഉപകരിക്കുന്ന ഒന്നല്ല അവിടെയും മനസ്സിന് ഏകാഗ്രത സംഭവിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ നമുക്കുപകരിക്കുന്ന ഏകാഗ്രതയല്ല അതൊന്നും ശരിക്കും ആ വിജ്ഞാനത്തിന്റെ ബുദ്ധിയുടെ സ്വരൂപത്തിലേക്ക് അവിടെ എത്തിച്ചേരുന്നില്ല മനസ്സിന് പുതിയൊരു വിഷയം വരുന്നു മനസ്സിന്റെ വിക്ഷേപം ഇല്ലാതാകുന്നു എന്നേ അർത്ഥമാണ് അത്തരം ശ്രേയസ്സിന് പ്രതികൂലങ്ങളായ വിഷയങ്ങളിൽ മനസ്സ് നിരന്തരം ഏകാഗ്രമാകുന്നുണ്ട് ആ ഏകാഗ്രതയല്ല ഇവിടെ പറയുന്നത് അതുകൊണ്ട് അതിനെ നമുക്ക് വിശദമാക്കി തരാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് മഹതി ജ്ഞാനം ആത്മനി മഹതി നിയച്ച് അതിന് ഭാഷ്യകാരം മേഖാനിക്കുകയാണ് ആത്മനി മഹതി പ്രഥമജി നിയച്ച് ഇവിടെ നേരത്തെ ഒരു ക്രമത്തെ പറഞ്ഞു മനസ്സ് ബുദ്ധി ഹിരണ്യഗർഭൻ അവ്യക്തം പരമാത്മാവ് ഇങ്ങനെ ഒരു ക്രമത്തെ പറഞ്ഞു ആ ക്രമത്തിൽ തന്നെ മനസ്സിനെ പരിണമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതേ ക്രമത്തിലൂടെ പറയുകയാണ് ആ ജ്ഞാനം അല്ലെങ്കിൽ ബുദ്ധിയെ മനസ്സ് ഏകാഗ്രമാവുമ്പോൾ ബുദ്ധിയുടെ അവസ്ഥയാകുമെന്ന് പറഞ്ഞു പക്ഷെ അത് പോരവിടെ ബുദ്ധിയെ എന്ത് ചെയ്യണം ആത്മനി വീണ്ടും അതിനപ്പുറം ഒരു ആത്മാവുണ്ട് ബുദ്ധിക്ക് അപ്പുറമുള്ള ആത്മാവ് പരമാത്മാവല്ല അവിടെ എത്തിയില്ല അതെന്താണ് മഹതി അതിനാണ് മഹത്തത്വം എന്ന് പറയുന്നത് അതെന്താണ് പ്രഥമജയ് പ്രഥമജൻ എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭൻ അതിൽ നെയ്ച് ചെയ്ത് അതിൽ ഉപസംഹരിക്കുക എന്നാണ് ബുദ്ധിയെ ഹിരണ്യഗർഭനിൽ ഉപസംഹരിക്കണമെന്ന് പറയും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും വിഷയ തലത്തിൽ നിന്നും മനസ്സിനെ മാറ്റുക ഇന്ദ്രിയ തലത്തിൽ നിന്നും മാറ്റുക മനസ്സിനെ അതിന്റെ സഹജമായ തലങ്ങളിൽ നിന്നും മാറ്റി ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയും പക്ഷെ അതിനപ്പുറം പറയുന്നതാണ് പ്രഥമജ ആ പ്രഥമജനൻ ഹിരണ്യഗർഭനൻ മനസ്സിനെ നിർത്തുക ഹിരണ്യഗർഭനെ ധ്യാനിക്കാനാണ് ഹിരണിഗർഭനെ എന്തെന്ന് പറഞ്ഞ് ധ്യാനിക്കും അത് വിശദീകരിക്കണടുത്ത് ഭാഷകാരൻ പ്രഥമജവത് സ്വച്ഛസ്വഭാവകം ആത്മനോ വിജ്ഞാനം ആപാദേ അവിടെ ഹിരണ്യഗർഭനിൽ മനസ്സിനെ നിർത്തുക എന്ന് പറഞ്ഞാൽ ഹിരണ്ഗർഭൻ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തു അത് ക്രിയാ ജ്ഞാന ശക്തികളോടുകൂടിയ പ്രഥമ ജീവനാണ് എന്ന് ചർച്ച ചെയ്തു അതിന്റെ പ്രത്യേകത എന്താണ് അത് ശുദ്ധമായ വിജ്ഞാനത്തോടു കൂടിയ പരമാത്മ ചൈതന്യമാണ് അതിൽ ഈ ബുദ്ധിയെ നമ്മുടെ ഏകാഗ്രമാകുന്ന ബുദ്ധിയെ വിലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ബുദ്ധിയുടെ ഏകാഗ്രത വിഷയത്തിൽ സംഭവിക്കുക അങ്ങനെ സംഭവിക്കാതെ ഇവിടെ എന്താണ് ഭാഷകാരം പറയുന്നത് പ്രഥമജപത് അഹിരണ്യഗർഭന്റേതു പോലെയുള്ള സ്വച്ഛ സ്വഭാവകം ആത്മനോവിജ്ഞാനം സമ്പാദിക്കും ശുദ്ധമായ ആത്മവിജ്ഞാനത്തെ സമ്പാദിക്കുക സ്വച്ഛസ്വഭാവകം സ്വച്ഛസ്വഭാവമുള്ളതായ ആത്മനഹ വിജ്ഞാനം ആത്മവിജ്ഞാനത്തെ ആപാതെ അതിന് ആപാദനം ചെയ്യുക ശുദ്ധമായ വിജ്ഞാനത്തെ കൊണ്ടുവരിക കേവലമായ ഏകാഗ്രത മാത്രം പോരാ ശരിയായ വിജ്ഞാനം ബുദ്ധിയിലേക്ക് വരണം എന്നർത്ഥം അല്ലാ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് മാത്രം ആത്മലാഭം ഉണ്ടാകുന്നില്ല ആ ബുദ്ധിയിൽ ശരിയായ വിജ്ഞാനം ഉണ്ടാകണം നമ്മൾ പറയുന്നില്ലേ ആത്മാനുഭൂതി എന്നും മറ്റും പറയുന്നില്ല അല്ലെങ്കിൽ ആത്മജ്ഞാനം എന്ന് പറയുന്നില്ല അത് ശരിയായിട്ടുള്ള ജ്ഞാനം ആത്മാവിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണകളുമില്ലാതെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിലുള്ള ശരിയായ വിജ്ഞാനത്തെ സമ്പാദിക്കണമെന്ന് അത്തരമൊരു വിജ്ഞാനം അതാണ് ഈ പ്രഥമജനിൽ ഇരിക്കുന്നത് അപ്പൊ അതുപോലെയുള്ള ഒരു വിജ്ഞാനത്തെ സമ്പാദിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ശരിയായ ആത്മബോധത്തെ സമ്പാദിക്കുക ആത്മബോധത്തിന്റെ അടുത്ത പടിയാണ് മോക്ഷം എന്ന് പറയുന്നത് മോക്ഷത്തിന് ജ്ഞാനം കാരണം എന്ന് പറയുന്നതാണ് വിജ്ഞാനമാപാതയെ അർത്ഥ അതാണ് ഇതിന്റെ താല്പര്യം ബുദ്ധിയുടെ കേവലമായ ഏകാഗ്രത പോരാ മറിച്ച് ബുദ്ധിയിൽ ആത്മവിജ്ഞാനം ഉണ്ടാകണം അവിടത്തും സമ്പാദിക്കണം അത് കൊണ്ടുവരണം എന്നർത്ഥം ആത്മീയ സാധനങ്ങളുടെയൊക്കെ അന്തിമമായ ചരമമായ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ഈ വിജ്ഞാന പ്രാപ്തിയാണ് അനുഭൂതിയാണ് അതിന് നമ്മൾ അനുഭൂതി എന്ന് പറയുന്നത് അപരോക്ഷാനുഭവം എന്ന് പറയുന്നു നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്നത് സ്വാനുഭൂതിയിലേക്ക് വരിക അനുഭൂതിയെ സമ്പാദിക്കുക എന്നുള്ളതാണ് അത് മനസ്സിന്റെ ഏകാഗ്രമായ ബുദ്ധിയുടെ അവസ്ഥയ്ക്കപ്പുറം അനുഭൂതിയുടെ തലത്തിലെത്തിച്ചേരുക എന്ന് പറയും അതിനെ സമ്പാദിക്കണമെന്നാണ് പറയുന്നത് പരിശ്രമത്തിലൂടെ അത് നേടിയെടുക്കണം അപ്പോൾ ആ വിജ്ഞാന സമ്പാദനത്തിന്റെ ലക്ഷ്യം എന്താണ് അതാണ് അടുത്ത് പറയുന്നത് തംചമഹാന്തമാത്മാനം അപ്പോൾ അയാൾ വിശുദ്ധമായ വിജ്ഞാനത്തോടുകൂടിയവനായിത്തീരുന്നു അങ്ങനെയുള്ള തംചമഹാന്തം ആത്മാനം ആ വിശുദ്ധ വിജ്ഞാനത്തോടുകൂടിയവൻ തന്റെ വിജ്ഞാനത്തിന് യച്ചേ ദിവസം ഇവിടെ ശാന്തി സർവവിശേഷ പ്രത്യസ്ഥിത രൂപേ അവിക്രിയെ സർവാന്തരേ സർവബുദ്ധി പ്രത്യസാക്ഷിണി മുഖ്യ ആത്മനീ ആ മുഖ്യ ആത്മാവിൽ ഇതിനെല്ലാം ഉപസംഹരിപ്പിക്കുക വിജ്ഞാനം എന്ന് പറയുന്ന ഒരു ഉപായമാണ് നേരത്തെ പറഞ്ഞ സാധ്യമല്ല ഉപയമല്ല വിജ്ഞാനവും അവിടെ നിരുപയോഗമായിത്തീരുന്നു വിജ്ഞാനവും പ്രയോജനമില്ലാത്ത ഒരു സ്ഥലം വരുന്നു അതാണ് അനുഭവാതീതം ബ്രഹ്മ എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു അങ്ങനെയും പറയാറുണ്ടല്ലോ ശ്രുതി തന്നെ പറയും അനുഭവവും നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന അനുഭവത്തിന്റെയും അപ്പുറം വരുത്തലാണ് അതാണ് പറയുന്നത് ആത്മാനം യെച്ച് ശാന്തി അങ്ങനെയൊരു തലമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക ശാന്തി ആ തലത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് അത് ശാന്തമാണ് പൂർണ്ണ ശാന്തി നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ട് കിട്ടുന്ന ശാന്തി വല്ല ആ ഏകാഗ്രത കൊണ്ടുണ്ടാകുന്ന വിജ്ഞാനം നേടുന്നത് കൊണ്ടുണ്ടാകുന്ന ശാന്തിയുമല്ല ആ വിജ്ഞാനവും അവസാനിക്കുന്ന അതാണ് ശാന്തി സർവവിശേഷ പ്രത്യസ്ഥമിത രൂപ നമ്മുടെ തന്നെ ചില ആചാര്യന്മാർ പറയും ആത്മാവ് അതിന്റെ അനുഭൂതി അല്ലെങ്കിൽ അതിന്റെ സാക്ഷാത്കാരം അതിന്റെ പൂർണതയിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് പറയും ആ പറയുന്നതിന്റെ താല്പര്യം ഇതാണ് ഈ പറയുന്ന വിജ്ഞാനവും അപരോക്ഷ വിജ്ഞാനവും അവസാനിക്കുന്നവരട ഇതാണ് അത് ശാന്തമാണ് സർവവിശേഷപ്രത്യസ്തമിതം രൂപയേ സർവ്വവിശേഷങ്ങളും അസ്തമിച്ചിരിക്കുന്ന രൂപം ആ തരത്തിൽ നമുക്കൊരാളെ ജ്ഞാനി എന്ന് പറയാൻ പറ്റത്തില്ല മറിച്ച് വേണമെങ്കിൽ ജ്ഞാനം എന്ന് പറയാം ജ്ഞാനി എന്ന് പറയുമ്പോൾ തന്നെ എന്തുവരുന്നു ജ്ഞാനമുള്ള ഒരാൾ അപ്പോൾ നമ്മുടെ ഭാവന വരുന്ന ഒരു വ്യക്തി ആ വ്യക്തിയിൽ ജ്ഞാനം ഇരിക്കുന്നു അപ്പം അവിടെ വ്യക്തിയും ജ്ഞാനവും ഇല്ല ജ്ഞാനത്തെ വഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയില്ല ഒരു വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കുന്ന ജ്ഞാനവും ഇല്ല സർവവിശേഷങ്ങളും പ്രത്യസ്ഥം ഇതേ സർവ്വവിശേഷങ്ങളും പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്ന ആ സ്വരൂപം അവിക്രിയെ ഒരു വിജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വികാരം സംഭവിച്ചിരിക്കുന്നു ഒരു വിജ്ഞാനമില്ല വിജ്ഞാനങ്ങളെല്ലാം അവിടെ അസ്തമിച്ചിരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു അവിക്രിയെ സർവാന്തരേ സർവത്തിനും ആന്തരമായി നിൽക്കുന്നു നമ്മുടെ സർവകൽപ്പനകൾക്കും അപ്പുറം സർവകൽപ്പനകൾക്കും ആധാരമായി നമ്മൾ മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ഏത് വലിയ തത്വജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും അതിനുള്ള കല്പനകളാണ് നമ്മുടെ വെറും കേവല ഭാവനകളാണ് ഈ ഭാവനകൾക്കെല്ലാം ആന്തരികമായിരിക്കുന്നത് ഏതുവരെ ചിന്തിക്കാൻ കഴിയുമോ അതുവരെ കൽപ്പനാ തലത്തിൽ നമ്മൾ മനസ്സ് പ്രവർത്തിക്കുന്നു ഞാനർത്ഥമാണ് എത്ര വലിയ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിച്ചാലും എത്ര വലിയ അനുഭവത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിച്ചാലും എല്ലാം അതെന്താണ് നമ്മുടെ ഭാവനാ തലത്തിലുള്ള പ്രസംഗങ്ങളാണ് കൽപ്പനകളാണ് ഇതുവരുന്നതെന്താണ് സർവാന്തരേ സർവാന്തരമായിരിക്കുന്നു സർവബുദ്ധിപ്രത്യ സാക്ഷിണി സർവബുദ്ധിപ്രത്യങ്ങൾക്കും സർവബുദ്ധിവൃത്തികൾക്കും സർവബുദ്ധിപരിണാമങ്ങൾക്കും സർവബുദ്ധി പരിണാമം എന്ന് പറയുമ്പോൾ ആ ബുദ്ധിയുടെ ചരമപരിണാമമാണ് സാക്ഷാത്കരം എന്ന് പറയും ചരമവൃത്തി എന്നും പറയും ബുദ്ധി നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മുടെ അറിവ് ഉണ്ടായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ അറിവ് ബുദ്ധിയുടെ ഉള്ള സദാപരിണാമമാണ് ഈ പരിണാമത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സാധനങ്ങളല്ല ആ പരിണാമം ആത്മ ണം ആ പരിണാമം വിഷയ അഭിമുഖമായിരിക്കുന്ന ഈ പരിണാമം ആത്മാഭിമുഖമാകണം ബുദ്ധി പരിണമിക്കുന്നു ആ ബുദ്ധിയുടെ ആത്മ അഭിമുഖമായിട്ടുള്ള പരിണാമത്തെയാണ് ഇവിടെ പറയുന്നത് അപരോക്ഷ അനുഭൂതി എന്ന് പറയുന്നു അല്ലെങ്കിൽ ആത്മവിജ്ഞാനം എന്ന് പറയുന്നു ആത്മനിഷ്ഠമായ ഈ ബുദ്ധിയുടെ പരിണാമമാണത് അപ്പൊ അത് ഒരിക്കലും പരിണമിക്കുന്നതുകൊണ്ട് തന്നെ അത് പൂർണ്ണമല്ല പ്രണമിക്കുന്നതുകൊണ്ട് തന്നെ അത് ഇതിന്റെ അവസാനമല്ല ആ പരിണാമവും അവസാനിക്കണം ആത്മാവിനെ കുറിച്ചുള്ള എന്തെങ്കിലും അനുഭൂതികളുണ്ടെങ്കിൽ ആ അനുഭൂതി അവസാനിച്ച് ആത്മാവ് കേവലമായി നിൽക്കണം അതാണ് സർവ ബുദ്ധിപ്രീയ സാക്ഷിണി ആ കേവലാത്മാവ് സർവ ബുദ്ധിവൃത്തികൾക്കും അതിനി സ്വ അനുഭൂതിയെന്നായിക്കൊള്ളട്ടെ അതിനും സാക്ഷിയായിരിക്കുന്ന മുഖ്യ ആത്മനീ ആ മുഖ്യാത്മാവ് നേരത്തെ പറഞ്ഞ സൂത്രാത്മാവല്ല കിരണിഗർഭനല്ല അതിനും അപ്പുറം നിൽക്കുന്ന അവിടെ ഈ സർവ അനുഭൂതികളും സർവ അനുഭവങ്ങളും വിനയം പ്രാപിച്ച് അത് കേവലമായി നിൽക്കുന്നു അതിനെയാണ് സാഷ്ട സപരാഗതി എന്ന് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത് നമ്മുടെ ബുദ്ധി എത്താമെന്നുള്ളതിന്റെ പരമാവധി നമ്മളെ എത്തിപ്പിച്ചിരിക്കുകയാണ് അനപ്പുറം ബുദ്ധിക്ക് കിടക്കാൻ കഴിയത്തില്ല അതുവരെ നമ്മളെ ഭാഷകാരൻ ആ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയിരിക്കുകയാണ് ശാന്താത്മനി എന്ന പദത്തിന്റെ ഭാഷ്യമാണ് ഇവിടെ പറഞ്ഞത് ആ നമ്മുടെ വിശുദ്ധമായ വിജ്ഞാനത്തെയും ഉപസംഹരിക്കുന്നു ആ ശാന്തമായ ആത്മാവിൽ അനുഭവ അതീതമായിരിക്കുന്ന ആത്മാവൻ അവിടെ നമുക്ക് അനുഭൂതി പ്രസംഗങ്ങളൊന്നും നടത്താൻ പറ്റത്തില്ല അതാണിതിന്റെ പരമകാഷ്ട പരാഗതി എന്ന് പറഞ്ഞതാണ് ആത്മതത്വത്തെ ഇത് കൂടുതൽ വിശദീകരിക്കാൻ അല്ലെങ്കിൽ വേദം വിശദീകരിക്കുന്നതിൽ കൂടുതൽ വിശദീകരിക്കാൻ പിന്നെ മറ്റാർക്കും സാധ്യമല്ല മന്ത്രജഞ്ജല യേദ്വാങ് മനസി പ്രേജ്ഞാന ജ്ഞാനം ആത്മനി മഹതി നിയച്ചേത് തെച്ചേത് ശ ആത്മനി പറയണമെന്ന് പറയുമ്പോൾ മനസ്സിനൊരു മടി കാരണം നമ്മൾ പറയുന്ന ആശയങ്ങളിൽ നിന്നും പിന്നെ മനസ്സിനെ ഭാഷയുടെ തലത്തിലേക്ക് വ്യാകരണത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പറയുന്നതിന്റെ സുഖം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് വ്യാകരണം പ്രത്യേകമായി പഠിക്കാൻ പറയും ഇത് വേറെ തലമാണ് വ്യാകരണത്തിന്റെ തലം ഇനിയിവിടെ സമാസം ലിംഗം വചനം വിഭക്തി ഇതൊക്കെ പറയുമ്പോ ഒരു അസ്വസ്ഥത തോന്നുന്നു പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അതുകൊണ്ടത് പറയുന്ന കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ അത് മാത്രം പറയണം ഇതങ്ങ് വിടണം എന്നാലും കുഴപ്പമില്ല ഇത് രണ്ടും ശരിയാക്കാൻ പ്രയാസം എന്നം പുരുഷേ ആത്മനി പ്രപ്യ നാമ ൂപ്പകർമ്മിഥ്യജൃംഭക സ്വാത്മയാഥാത്മ്യജ്ജു സർപ്പരീച്ചിരഗമനസ്വരുപദർശനത്മാതകൃവതി യഥ അതർശനാർത്ഥം വീണ്ടും വീണ്ടും പറയു ഇത് പായല് മുറികിടക്കുന്ന കുളത്തിൽ കല്ലെടുത്തെറിയും പോലെയാണ് കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മാത്രമേ പായല് മാറത്തുള്ളൂ കല്ല് താഴേക്ക് കടന്നു പോകുന്ന ആ സെക്കൻഡ് ഒരു നിമിഷം അത് കഴിയുമ്പോൾ വീണ്ടും പായല് വരും അതുകൊണ്ട് വീണ്ടും പറയണം ഇനിയും തദ്ദർശനാർത്ഥം വീണ്ടും അതിന്റെ ദർശനത്തിന് വേണ്ടി ശ്രുതി പറയുന്നു ഭാഷകാരനും പറയുന്നു നേരത്തെ പറഞ്ഞു അതിനു വേണ്ടി തന്നെ പക്ഷെ പറഞ്ഞു കേൾക്കുന്ന ഏതെങ്കിലും നിമിഷത്തിൽ നമ്മുടെ ഉള്ളിൽ ഈ ആത്മാവിന്റെ സ്വരൂപത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു സ്ഫുരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കാത്തിരിക്കുകയാണ് ആ മായാശക്തി ഉടമ്പ മൂടിക്കളയും ഇനി മതി ഇത്രയും മതി സ്റ്റോപ്പ് കൂടുതൽ ഇനി ഞാനി ആവേണ്ടെന്ന് പറയും അതാണതിന്റെ അതറിയാം അതുകൊണ്ട് ശ്രുതി വീണ്ടും പറയുന്നു എന്നാണ് പറയുന്നത് വീണ്ടും ആ തരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക തത്വനിഷ്ഠയിലേക്ക് പക്ഷേ അങ്ങനെ നിഷ്ഠയിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും അവിടെ നിന്ന് വ്യതിരിപ്പിച്ചി ഇതിങ്ങനെ കുറെ തുടർന്നു കഴിഞ്ഞാലേ അതിൽ ശരിയായ നിഷ്ഠ അതാണ് ഇവിടെ ഭാഷകാരം പറയുന്ന ദൈവം പുരുഷ ആത്മനി ഈ പരമാത്മാവിൽ സർവം പ്രവിലാപ്യ സർവത്തെയും വിലയിപ്പിച്ചിട്ട് സർവത്തെയും വിലയിപ്പിച്ചിട്ട് ഈ ഗ്രന്ഥം പുസ്തകം പഠിക്കുക പുസ്തകം വായിച്ച് കാര്യം മനസ്സിലാക്കുക പുസ്തകത്തിലൂടെ ഇതിനെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് അബദ്ധമാണെന്നാണ് ഒരു കാലത്ത് ഞാനും വിചാരിച്ചിരുന്നത് ഏത് കാലത്തുനിന്ന് ചെയ്ത് വായിച്ചു നോക്കുന്നത് വരെ പുസ്തകം ഇതിനൊന്നും ഉപകരിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷെ ഞാനൊരു മഹാത്മാവിനെ കണ്ടു അത് ഈ പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ സമാധിഷ്ഠനാകുന്ന ഒരാൾ അപ്പോഴാണ് മനസ്സിലായത് ഇതിനുപയോഗം ഇതിന് ഉപയോഗമുള്ള ഒരു സാധനമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ബുദ്ധിഭാരം അല്ല എന്നപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് ഒരു മനസ്സിന് അത്തരത്തിലുള്ള ഏകാഗ്രതയുണ്ടെങ്കിൽ ആ ഏകാഗ്രതയുടെ പരമമായ അവസ്ഥയെ പ്രാപിക്കുന്നതിന് എന്തിനും ഒരു അവലംബമാക്കാം പുസ്തകം ഞാനെത്തി ഒരവലംബമാക്കാം അതിനും അങ്ങനെ ശക്തിയുണ്ട് കാരണം ഈ ശബ്ദമെന്ന് പറയുന്നത് ഈശ്വരൻ തന്നെ ഉച്ചരിച്ച ശബ്ദമൊന്നാണല്ലോ നമ്മുടെ വിശ്വാസം ഈ പനിഷ ശബ്ദം അത് ഈശ്വരന്റെ വിശ്വാസം എന്നാണ് ഈശ്വരനെ നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും വിശ്വസിക്കേണ്ടി വരും അത് ഈശുമാരുടെ മേധയിലൂടെ പുറത്തു വന്നേ ഉള്ളൂ അതുകൊണ്ടതിനും ആ മന്ത്രത്തിനും ആ മന്ത്രത്തെ സ്വാം സ്വീകരിച്ച ആ ഭാഷ്യകാരന്റെ വാക്കിനും ആ ശക്തിയുണ്ട് അത് വായിക്കുമ്പോൾ ആൾക്കാരെ സമാധിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശക്തി അതിനുണ്ട് എന്നാ പിന്നെ ഞാൻ വായിച്ചിട്ടെന്താ സമാധി ആകാത്തതെന്നൊന്നും ചോദിക്കരുത് അതിന് എനിക്കുത്തരം പറയാൻ കഴിയത്തില്ല ഞാൻ പക്ഷെ അങ്ങനെ സംഭവിച്ച് സംഭവിച്ചത് നേരിട്ട് കണ്ടിട്ടുണ്ട് അതിന് ഉള്ള ശേഷി ഈ വാക്കുകൾ അതിനുള്ള ശേഷിയുണ്ട് ഒരു തന്റെ മനസ്സിന് ഒരു ജീവന്റെ മനസ്സിന് ഈ തലത്തിൽ ഉയർത്തി ആ പരമാത്മാവിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ശക്തി ഈ വാക്കുകൾക്കുണ്ട് ഏവം പുരുഷ ആത്മനി ഇങ്ങനെ ആ പരമാത്മാവിൽ സർവം പ്രവിലാപ്യ സർവത്തെയും വിലയിപ്പിച്ച് എന്നർത്ഥം ആ വിലയിപ്പിക്കുന്നതിനുള്ള ക്രമങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് മനസ്സിലാക്കിയിട്ട് വിലയിച്ചില്ല അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ പറഞ്ഞും കേട്ടുകഴിഞ്ഞത് അങ്ങനെ വിലയിക്കണമെന്നാണ് സർവം പ്രവിലാപിയ സർവത്രയും വിലയിപ്പിച്ച് നാമരൂപകർമ്മത്രയം എന്തിനാണ് ഇവിടെ വിലയിപ്പിക്കാനുള്ളത് നാമം രൂപം കർമ്മം നാമരൂപങ്ങൾ കർമ്മങ്ങൾ പ്രവർത്തി പ്രപഞ്ചം അനു ഈ മൂന്നിൽ ഒതുക്കിയിരിക്കുന്നു ആ നാമരൂപകർമ്മങ്ങളെ വിലയിപ്പിച്ച് ം എന്താണത് മാനത്തിന്റെ വിജൃംഭണമാണ് മിഥ്യാജ്ഞാനത്തിന്റെ കാര്യങ്ങളാണ് വിജംഭണം അതിന്റെ കാര്യങ്ങൾ മിഥ്യാജ്ഞാനം ഉണ്ടാക്കിയതാണതല്ല മിഥ്യാജ്ഞാനമെന്നോ മിഥ്യ അജ്ഞാനമെന്നോ ഇഷ്ടം പോലെ വായിച്ചുപോകും ആ മിഥ്യാജ്ഞാന വിജൃംഭിതമായിരിക്കുന്ന ക്രിയാകാരകഫലക്ഷണം ക്രിയ പ്രവൃത്തികൾ കാരകം പ്രവർത്തിക്കുന്നവൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന് ഉള്ള ഉപകരണങ്ങൾ ഫലം പ്രവൃത്തിയുടെ ഫലം ഈ മൂന്ന് രൂപത്തിലുള്ളതാണെന്ത് നാമരൂപകർമ്മങ്ങൾ എന്ന് പറയുന്നത് നാമരൂപകർമ്മങ്ങൾ നമുക്കിങ്ങനെ പറയാം ക്രിയാകാരകഫലം പ്രവൃത്തി പ്രവൃത്തി എന്ന് പറയുമ്പോൾ ശരീരം കൊണ്ടുള്ള പ്രവൃത്തി വാക്കുകൊണ്ടുള്ള പ്രവൃത്തി മനസ്സുകൊണ്ടുള്ള പ്രവൃത്തികൾ അതിന്റെ കാരകങ്ങൾ എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കുന്നവൻ മുഖ്യം കർത്താവ് പിന്നെ കർത്താവ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മനസ്സ് വാക്ക് ബുദ്ധി തുടങ്ങിയ ഉപകരണങ്ങൾ അതിന്റെ ഫലം എന്ന് പറയുമ്പോൾ സുഖം ദുഃഖം ഇതാണ് അതിന്റെ ഫലം അതിനുവേണ്ടി വരുന്ന ആ സുഖദുഃഖങ്ങളുടെ അനുഭവത്തിന് വേണ്ടി വരുന്ന ജനനം ജീവിതം മരണം ഇതെല്ലാം അതിന്റെ ഫലങ്ങളിക്കിടും അല്ലെങ്കിൽ സംസാരമെന്ന് ഒറ്റമാക്കി പറയാം ഈ രൂപത്തിനുള്ള ഇതിനെയാണ് നമ്മളിവിടെ നാമരൂപകർമ്മം എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെ ഈ ദ്വൈതത്തെ ഈ അജ്ഞാന സൃഷ്ടിയെ അജ്ഞാന വിജൃംഭണത്തെ അജ്ഞാന വിജ്രംഭിതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അജ്ഞാനസൃഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സ്വാത്മ യാഥാത്മ്യാനേന സ്വ ആത്മാവിന്റെ സ്വസ്വരൂപത്തിൻ്റെ സ്വ ആത്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊന്നാണ് സ്വസ്വരൂപം നിജസ്വരൂപം തൻ്റെ തന്റെ സ്വരൂപം അങ്ങനെയാണ് സ്വ ആത്മ എന്ന് പറയുന്നത് യാഥാത്മ്യജ്ഞാനേന യഥാർത്ഥ ജ്ഞാനം കൊണ്ട് രജ്ജു സർപ്പ ഗഗനമലാനി ഇവ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ് മരിച്ചുതകം മരുമരീചിക രജ്ജു സർപ്പം അതറിയാം ഗഗനമലം ആകാശത്തിന് അഴുക്ക് ഇതുപോലെ ഏതൊന്നും വാസ്തവ ഉള്ളതല്ല ആകാശത്തിൽ മാലിന്യം ഇല്ല ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു രജ്ജുവിൽ സർപ്പമില്ല ഉണ്ടെന്ന് തോന്നുന്നു മരുഭൂമിയിൽ ജലമില്ല അതുണ്ടെന്ന് തോന്നുന്നു അവയേപോലെ മരീചി രജു ഗഗന സ്വരൂപദർശനേന ഇവ ഈ വിഭ്രാന്തികളെയെല്ലാം അതിന്റെ സ്വരൂപദർശനം കൊണ്ട് ഇല്ലാതാക്കുന്നു മരീചി ഉദകത്ത മരീചി ദർശനം കൊണ്ട് രജ്ജു സർപ്പത്തെ രജ്ജു സർ ദർശനം കൊണ്ട് ഗഗനമലത്തെ ഗഗനദർശനം കൊണ്ട് ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവയുടെ എല്ലാം ഈ വിഭ്രാന്തികളുടെ യാഥാർത്ഥ്യത്തെ അറിയുന്നതുകൊണ്ടെന്നാണ് മരുഭൂമിയിലെ ജലം പ്രകാശം മാത്രമാണ് രജ്ജുവിലെ സർപ്പം കേവലം കയറ് മാത്രമാണ് ഗഗനമലം സ്വച്ഛമായ ആകാശം മാത്രമാണ് എന്നുള്ള സ്വരൂപ ദർശനം അതാണ് സ്വരൂപദർശനം എന്ന് പറയുന്നത് വസ്തു യാഥാർത്ഥ്യ ദർശനം കൊണ്ട് എങ്ങനെയാണോ ഈ വിഭ്രാന്തികളെ ഇല്ലാതാക്കുന്നത് അതുപോലെ പൂർവത്തിനോട് അന്വയിക്കണം സ്വാത്മ യാഥാത്മ്യാനേന സ്വാത്മ യാഥാർത്ഥ്യ ജ്ഞാനം കൊണ്ട് അതിന്റെ മുമ്പിലോട്ട് അന്വയിക്കണം സർവം പ്രബിലാപ്യ സർവത്തെയും വിലയിപ്പിച്ചിട്ട് എന്നർത്ഥം അതായത് ഇവിടെ ഒരു ഭാവനാക്രമത്തെയാണ് പറഞ്ഞത് ഒരു അനുഷ്ഠാനത്തെയാണ് നമുക്ക് നിർദ്ദേശിച്ചത് ഈ വേദാന്തം പഠിച്ചിട്ട് പലരും ചോദിക്കും ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ഇനി എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നാണ് എന്ന് വെച്ചാൽ ഇതുവരെ പഠിച്ചതൊന്നും ചെയ്യാനുള്ളതല്ല എന്നാണ് എന്നുള്ള ധാരണയിൽ നിന്നാണ് അപ്പോൾ ഇവിടെ പഠനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനനത്തെയാണ് ആ മനനം തന്നെയാണ് ഇതിന്റെ അനുഷ്ഠാനം ശ്രവണ മനന അതാണ് ഇതിന്റെ അനുഷ്ഠാനം ആ അനുഷ്ഠാനം കൊണ്ട് സർവം പ്രബിലാപ്യ എന്നർത്ഥം അതുകൊണ്ട് സർവത്തെയും വിലയിപ്പിച്ചിട്ട് എന്നർത്ഥം ഈ അനുഷ്ഠാനത്തിന്റെ ഫലമായി ആ വിലാപനം സംഭവിക്കണം എന്നർത്ഥം എന്തിൻ്റെ വിഭ്രാന്തിയുടെ ഈ വിഭ്രാന്തികളുടെ പ്രവിലാപനം സംഭവിക്കണം അതാണ് ഭാഷക്കാർ ഉദ്ദേശിക്കുന്നത് എങ്ങനെ സ്വരൂപദർശനം കൊണ്ട് ീ പറയുന്ന തരത്തിൽ ഇന്ദ്രിയങ്ങളുടെ മനസ്സിൽ ഉപസംഹരിച്ച് മനോതരത്തിൽ മനസ്സിനെ ബുദ്ധിയിൽ ഏകാഗ്രതലത്തിൽ ബുദ്ധിയെ വിജ്ഞാനതലത്തിൽ ആ വിജ്ഞാനത്തെ അനുഭൂതിയും പരിത്യജിച്ച് കേവലഭാവത്തിൽ അങ്ങനെ സ്ഥിതി ചെയ്യും സ്വസ്ഥ സ്വസ്ഥനായി സർവസാധനകളുടെ അവസാനിക്കുന്നു അതാണ് സ്വസ്ഥത എന്ന് പറയുന്നത് ത്രിപുടീരൂപത്തിലുള്ള ഏതെങ്കിലും അനുഭവത്തിൽ നിന്നാൽ പോലും നമ്മുടെ സ്വസ്ഥതയിൽ അവിടെയും പൂർണ്ണമായ സ്വസ്ഥതയിൽ അനുഭൂതിയുടെ ആനന്ദം പോലും ആനന്ദാതീതം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ചില ആചാര്യന്മാർ പറയുന്നത് ആനന്ദ പോലും പരമാർത്ഥമാണ് അതിനപ്പുറമായിരിക്കും അവിടെ പരിപൂർണമായ സ്വസ്ഥത പൂർണ്ണമോക്ഷം ആത്മവിശ്രാന്തി അവിടെയോ അസ്വസ്ഥനായി പ്രശാന്താത്മാ പ്രശാന്താത്മാവായി പ്രശാന്തമായ സർവാനുഭവങ്ങളും അസ്തമിച്ച് സർവാനുഭവപ്രത്യസ്തമിതം എന്ന് വേറെ ഭാഗത്തും പറയും കൃതകൃത്യ കൃതം കൃത്യം ഏന ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന ആന്തരികമായ തലത്തിൽ കൃതകൃത്യഭാവത്തിൽ പിന്നൊന്നും ഒരു കർത്തവ്യമൊന്നുമില്ല തന്നെ നന്നാക്കാനില്ല ലോകത്തെയും നന്നാക്കാനില്ല ആ ഭാവത്തിൽ കൃതകൃത്യനായി ഭഗവതി പറയുക ലോകത്തെ നന്നാകാന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മൾ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ നന്നാക്കുന്നതിനൊരു ഉപായമായിട്ടാണ് ലോകത്തെ നന്നാക്കാൻ വരുമ്പെടുന്നത് ഇവിടെ എന്താണ് കടകൃത്യനായിട്ടിരുന്നു പിന്നൊന്നും ചെയ്യാനില്ലാത്തവനായിട്ടിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു അതാണ് ഏവം പുരുഷ ആത്മനി സർവം പ്രവിലാപ്യ സ്വസ്ഥ പ്രശാന്താത്മാ കൃതകൃത്യവും ഭവതി എന്നാണ് ഇങ്ങനെ ആത്മാവിൽ സർവത്തെയും പ്രവിലാപനം ചെയ്തിട്ട് ഒരാൾ സ്വസ്ഥനും കൃതകൃത്യനുമായി തീരുന്നു ഇതിനുവേണ്ടി നമ്മൾ മോക്ഷം എന്ന് പറയും ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും ജീവിതം തന്നെയും ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അവസ്ഥയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കൃതകൃത്യതയിൽ മാത്രമേ മനുഷ്യന് സംസാരം അവസാനിക്കുന്നുള്ളൂ ജീവൻ ആ ജീവിതം അതിന്റെ പൂർണതയിലെത്തുന്നു ജീവിതം അതിന്റെ പരിസമാപ്തിയിലെത്തുന്നത് അവിടെ എത്തുന്നു യഥ സ്വരൂപ ദർശനം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ വിശുദ്ധം വിജ്ഞാനം ആ പാതയിൽ വിശുദ്ധമായ ആ വിജ്ഞാന സമ്പാദനം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഇവിടെ പറഞ്ഞു എന്താണ് സ്വാത്മ യാഥാത്മ്യാനേന ആത്മാവിന്റെ യാഥാർത്ഥ്യ അനുഭവം കൊണ്ടാണ് ബോധം കൊണ്ടാണ് സംഭവിക്കുന്നത് യഥ അതുകൊണ്ട് അധ തദ്ദർശനാർത്ഥം ആ ആത്മദർശനം ആത്മജ്ഞാനത്തിന് വേണ്ടി എന്തു ചെയ്യണം ഇത്രയും മഹത്തായ ഒരു അനുഭവത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അനുഭവത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതുവരെ താൻ എന്താണ് ചെയ്തത് രണ്ടിനു വേണ്ടിയുമാകാം വ്യമദേവൻ നദികേതസിനെ ഉപദേശിക്കുന്നത് നദികേതസ് നിശേഷം അറിയാൻ പാടില്ലാത്ത കാര്യമല്ല നേരത്തെ പറഞ്ഞല്ലോ ശ്രദ്ധാവാനാണ് കാര്യങ്ങളൊക്കെ അറിയാം അറിഞ്ഞാലും നമ്മൾ സഞ്ചരിച്ച വഴി ശരിയാണോ ഈ വഴിയാണോ എല്ലാവരും സഞ്ചരിക്കേണ്ടത് ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും അതുകൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത മന്ത്രം പറയുന്നത് ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യാ നിശിത ദുരത്യ ദുർഗം പധസ്ഥോ വീ മന്ത്രത്തിന്റെ ആമുഖം എന്നുള്ള നിലകിയാണ് തത്വജ്ഞാനം കൊണ്ട് ഈശ്വര ജ്ഞാനം കൊണ്ട് ഈ ദുരിതത്തെ വിനയിപ്പിക്കണം എന്ന് പറഞ്ഞു അതിനുള്ള ഉപായമാണ് നേരത്തെ നിർദ്ദേശിച്ചത് എന്നും പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരാളുടെ മനസ്സിൽ സംശയമുണ്ടാവും ഈ ഉപായത്തെ എങ്ങനെ നേടാൻ പറ്റും അപ്പൊ നജികേസിനെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല കാരണം നജികേസ് ഹമദേവനിൽ നിന്നത് നേരിട്ട് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എല്ലാ ആധ്യാത്മിക ശാസ്ത്രങ്ങളും ഏതെങ്കിലും ഒരു നിമിത്തത്തെ അവലംബിച്ച് സർവജീവന്മാർക്കു വേണ്ടി സർവജീവന്മാർക്കും വേണ്ടി പറയുന്നതാണ് ഉപദേശിക്കുന്നതാണ് അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് ഭഗവാൻ ഗീത ഉപദേശിച്ചതുപോലെ ഇവിടെ യമദേവൻ സർവജീവന്മാരെയാർക്കും വേണ്ടി നജികേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിമിത്തമാക്കി ഇവിടെ ഉപദേശിക്കുകയാണ് നജികേസിനെ സംബന്ധിച്ചിടത്തോളം താൻ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് അതുകൊണ്ട് നജികേതസ്സിനോട് ഇനി വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ ഒരു ആചാര്യനെ സമീപിക്കൂ എന്ന് ഇവിടെ ഒരു നജികേദസ്സല്ല അനേകം നജികേസുകളുണ്ട് എല്ലാവർക്കും വേണ്ടി പറയുകയാണ് ഇവിടെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാൻ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇനിയൊരു ഗുരുവിനെ പ്രാപിക്കൂ എന്ന് നജികേദസ്സിനെ ഉപദേശിക്കേണ്ട ആവശ്യമെന്താണ് എന്നൊരു സംശയം വരാൻ പാടില്ല അപ്പം മുമ്പ് പറഞ്ഞതായ ഉപായങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഒരു ഗുരുവിൻ്റെ ഉപദേശം സഹായം ആവശ്യമാണ് ആത്മവിദ്യ അനാദികാലം മുതലേ ഗുരുപരമ്പരയിലൂടെ ആണിത് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ബാഹ്യമായ ആലംബനങ്ങളായിട്ടാണ് നമ്മൾ വേദമന്ത്രത്തെപ്പോലെ സ്വീകരിക്കുന്നു വേദമന്ത്രമായാൽ തന്നെയും തത്വമസി പോലുള്ള മഹാവാക്യങ്ങളായാൽ തന്നെയും അത് ഗുരുവിലൂടെ ശ്രവിക്കണമെന്നാണ് ഗുരു ഉപദേശിക്കുന്നു എന്നാ എന്നാലേ അത് ഫലവത്താകത്തോ എന്നാ അതുകൊണ്ട് ഗുരുവിന്റെ പ്രാധാന്യത്തെ ഇവിടെ എടുത്തു കാണിക്കുകയാണ് അടുത്ത മന്ത്രത്ത് ഞാൻ ഈ മന്ത്രം ഒന്ന് വായിക്കാം പന്ത്രണ്ടാമത്തെ മന്ത്രമാണ് ഏഷു ഭൂതീഷു ഊഢോത്മാ നശത്തെ അദ്ദൃശ്യേഗ്യാ ബുദ്ധ്യ സൂക്ഷ്മയാ സൂക്ഷ്മദർശി യേന്മാനസി പ്രേത് ജാനം ആത്മനി മഹതി നയച്ചേത് ോദ ഉപയ്യ വരാൻ നിബോധത കുരസാരാ നിശിതാ ദുരത്യയാ ദുർഗം പധസ്ഥോ വദന്ദി അശബ്ദം അസപ്പർശം അരുപമ്യയം തധസം നിത്യ അഗന്ധവനന്ദം മഹത പരം ധ്രുവാത്തന്മൃത്യു മുഖാ പ്രമുച്യേ നാചിക്േതമുപാഖ്യാന മൃത്യുപ്രോക് സാതനം ഉ മേധാവീ ബ്രഹ്മലോകം പരമം ഗുഹ്യംബ്രഹ്മ സംസീ പ്രയത ശ്രാദ്ധകാല സദാന സൽപ്പ